सत्यमस्ति महती थ सत्यमस्ती धीरा ോകൃതീ കഷ്ടലു സുരനര തിരി दिशु। दुख संसारुखबूल प्राणीस जन्म जरा मरणादि अत्य चेन्द्योध सन यम यथोक्लक्षण तदास्ति परमार्थदावा, अथ तदस्तमस्ना जीविक ശനംബന്ധ അവിദരക്ഷണ സംസാരതി തന്റെ ഫലത്തെക്കുറിച്ച് പറയുക കഷ്ടാഖലോ സുരനര തിരിത്രേതാദിഷു സംസാര ദുഃഖ ബഹുലേഷു പ്രാണിനിക അജ്ഞാനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ് ജന്മം ജരണം ജീവിച്ചിരിക്കുന്ന രോഗം രോഗാദി ഇവിടെ വരുന്ന മറ്റ് കഷ്ടനഷ്ടങ്ങൾ ജയപരാജയങ്ങൾ എല്ലാ സമ്പ്രാപ്തി അജ്ഞാനാ ഇതിവിടെ ആർക്ക് സംഭവിക്കുന്നു സുര നര തിരി പ്രേതാദിഷു സുരന്മാരും ദേവന്മാരിൽ നരന്മാരിൽ മനുഷ്യർ മറ്റ് തിരീക്കുകൾ ാണികളിൽ പ്രേതാദി അന്യ യുവനികളിൽ ഒക്കെ സംഭവിക്കും ബഹുവിധമായ ജീവന്മാരിൽ നാനാതരത്തിലുള്ള സംസാരദുഃഖ ബഹുലേഷം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദേവന്മാരിൽ ഉൾപ്പെടെ സംസാരദുഃഖം ബാഹുല്യൻ നുഭവപ്പെടുന്നു അങ്ങനെ പ്രാണി നികായേഷു ഓരോരോ പ്രാണിജന്മങ്ങളിൽ പ്രാണി ശരീരങ്ങളിൽ ഓരോ പ്രാണി ശരീരങ്ങളിലും അത് അനുഭവപ്പെടുന്നു മനുഷ്യ ശരീരങ്ങൾ തെരീക്കുകളിൽ ജീവന്മാർ പലതരത്തിലുള്ള ശരീരങ്ങൾ പ്രേത ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നു അവിടെയെല്ലാം സംസാരദുഃഖം നാനാതരത്തിൽ വിവിധ തരത്തിൽ അനുഭവപ്പെടുന്നു അവിടെ എല്ലാ സ്ഥലത്തും ജന്മം ജര മരണങ്ങൾ രോഗങ്ങളെല്ലാം അനുഭവപ്പെടുന്നു ഇതിനെക്കുറിച്ച് പറയുന്നു കഷ്ടഖലു ഇത് വളരെ കഷ്ടമാണോ ഈ സംസാര ഗതി കഷ്ടമാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അജ്ഞാനെല്ലാം മൂലകാരണമായിരിക്കുന്നത് അവന്റെ ആത്മബോധം ഇല്ലായ്മയാണ് അജ്ഞാനമാണ് മനുഷ്യോ അധികൃത സമർഥസൻ്നം ഇവിടെ മഹതി ദീർഘ അനന്ത വിനഷ്ടി വിനാശനം ജീവൻ സ്റ്റേ പറഞ്ഞത് അവൻ ഇതിനധികാരിയായ മനുഷ്യനായി ജനിച്ചു മറ്റെല്ലാം പോട്ടെ സ്വര തിരി പ്രേത ജന്മങ്ങളെല്ലാം പോട്ടെ അധികാരിയായ മനുഷ്യനായി അവൻ വന്നു അധികൃത എന്ന് പക്ഷേ നിജേത്തി അവന് പക്ഷേ ഇത് അറിയാൻ കഴിയുന്നില്ല വിതവാൻ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതവനെ സംബന്ധിച്ച് വലുതായ നഷ്ടമാണ് നാശമാണ് വിനാശനം പൂർണ്ണമായ നാശമാണ് അവന് സംഭവിക്കുന്നത് ഒരുവൻ അധികാരിയായതിനു ശേഷം ഇതറിയുന്നതിനു വേണ്ടി എല്ലാ യോഗ്യതകളും വന്നതിന് ശേഷം അതറിയാനെ കുറിച്ചാണ് പറയുന്നത് പദ്ധതി എന്ന് പറഞ്ഞ് ഇത്രയും ഉപദേശിച്ചതിന് ശേഷം പ്രതിബോധവിരുദ്ധം തത്വത്തെ ഉപദേശിച്ചതിന് ശേഷം പറയുകയാണ് ശ്രുതി വെളിപ്പെടുത്തിയ ഈ തത്വത്തെ അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ച ഈ തത്വത്തെ അറിയാതിരുന്നാൽ അവന് നഷ്ടമാണ് എന്ന് പറയും ഉപദേശ ശ്രവിച്ചവനോടാണ് പറയുന്നത് അല്ലാതെ ധാരാളം മനുഷ്യരുണ്ട് മനുഷ്യനാണ് അധികാരിയാണ് എന്ന് പറഞ്ഞു മനുഷ്യൻ അധികാരിയാണെങ്കിലും ധാരാളം മനുഷ്യരുണ്ട് അവർക്ക് ഈ ആത്മതത്വത്തെ കുറിച്ച് ശ്രവിക്കുന്നതിനോ അറിയുന്നതിനോ ഒന്നും അവസരമേ ലഭിക്കാറുള്ളൂ അവരെ സംബന്ധിച്ച് നഷ്ടമുണ്ട് പറയുന്നത് അതൊരു തൃതീയം സ്ഥാനമാണ് ജനിക്കുന്നു മരിക്കുന്നു അവരെ സംബന്ധിച്ച് ലാഭനഷ്ടങ്ങൾ കണക്കൂട്ടാനുണ്ട് ആ ഭൗതികമായ ലാഭനഷ്ടങ്ങൾ വരാം കാരണം മനുഷ്യൻ പല സാമർഥ്യത്തോടും കൂടിയാണ് ജനിക്കുന്നത് അവന് ഭൗതികമായി പലതും നേടാൻ പറ്റും പല നഷ്ടപ്പെടും ഭൗതികമായ ലാഭനഷ്ടങ്ങളുണ്ട് അതിനെക്കുറിച്ചല്ല എളിപ്പറയും വെളിപ്പറയുന്നതാണ് മഹതീ വിനഷ്ടി ഏറ്റവും മഹത്തായൊരു നഷ്ടം ആ നഷ്ടം സംഭവിക്കുന്നത് സാധാരണ മനുഷ്യനല്ല നമ്മൾ പറയുന്ന ഭൗതികനായ ലൗകികനായ സാധാരണ ലാഭനഷ്ടങ്ങളെ കണക്കൂട്ടി ജീവിക്കുന്ന ഒരുവനല്ല അവനീ നഷ്ടത്തെക്കുറിച്ചോ ലാഭത്തെക്കുറിച്ചോ ഒന്നും ഒരു ബോധമില്ല ഇത് ആദ്യം തത്വത്തെ പരമാവധി വെളിപ്പെടുത്തിയതിനു ശേഷം ആ തത്വത്തെ ബോധ്യപ്പെടാത്തവനോട് പറയണം അതിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തവനോട് ആധ്യാത്മികമായ അറിവുള്ളവനോട് പറയാണ് നിനക്ക് വലുതായി നഷ്ടം വരും മറ്റെല്ലാ സാധന സമ്പത്തികളും ഉള്ളവരുവിനോട് പറയാണ് കാരണം ഈ തത്വം ശ്രവിക്കണമെങ്കിൽ അവന് തപസ് വേണം ഗുരുപ്രാപ്തി ഉണ്ടാവണം അതെല്ലാം ഉണ്ടാവണം ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു പരമാവധി അതിനെ വെളിപ്പെടുത്തി തപസ്വാധ്യായ നിരതനായ ഒരുവൻ അവനോട് പറയുന്നു ശരിയായൊരു ആത്മജിജ്ഞാസുവിനോട് പറയുന്നു അവനാണ് ചോദിക്കുന്നത് എന്താണ് കേനേഷിതം പദ്ധതി അവന് ശരിയായ ജിജ്ഞാസ ഉണർന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുവൻ തത്വത്തെ ശ്രവിച്ചിട്ടും അവനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രതിബോധവിധിതമായി ഇതിനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനെ സംബന്ധിച്ച് മഹത്തിയും വിനഷ്ടിയും മഹത്തായ നഷ്ടമാണ് മറിച്ചല്ല ഒരു സാധാരണ ഒരു ജീവനെ കുറിച്ച് അങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ല കാരണം അത് അവൻ അർഹനെയാകുന്നില്ല അവൻ്റെ മുമ്പിൽ ഒരിക്കലും വരുന്നില്ല അവന്റെ ലാഭനഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് ഭൗതികമായ ലാഭനഷ്ടങ്ങൾ വളരെ തുച്ഛമാണ് എന്തൊക്കെ സാമർഥ്യം കൊണ്ട് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതെല്ലാം നിസ്സാരമായ കാര്യങ്ങളാണ് അതിനൊന്ന് മഹദ്വീപിനഷ്ടി എന്ന് പറയാൻ പറ്റത്തില്ല ഭൗതികമായ നഷ്ടങ്ങൾ ഇനി വേറൊരു കൂട്ടിട്ടുണ്ടെന്താണോ ഒരു ലാഭവും ഒരു നഷ്ടവും ഒരിക്കലും സംഭവിക്കാത്തവർ മഹാത്മാക്കൾ അവരെ സംബന്ധിച്ചും ഒന്നും നഷ്ടമില്ല കാരണം അവർ ഭൗതികമായൊന്നും നേടുന്നില്ല നേടാത്തുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെടാനുമുണ്ട് ഈ തത്വത്തെ സാക്ഷാത്കരിച്ചവർ മഹാപുരുഷന്മാർ അവരെ സംബന്ധിച്ചും ഇവിടെ തത്വത്തെ ശ്രവിച്ച് തത്വത്തെ സാക്ഷാത്കരിച്ച് പ്രാരബ്ധേഷം അനുസരിച്ച് ജീവിക്കും അല്ലെങ്കിൽ അവർ ലോക സംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നവർ അവരെ സംബന്ധിച്ചും ലാഭനഷ്ടങ്ങളുടെ കണക്കില്ല നഷ്ടപ്പെടാനുണ്ട് ഭഗവാൻ പറയുന്നു നമ്മെ കർമാണിനെ ബന്ധി കർമ്മങ്ങളൊന്നും തന്നെ എന്നെ സ്പർശിക്കുന്നുണ്ടെ കർമ്മങ്ങൾ അവരെ സ്പർശിക്കാത്തത് കൊണ്ട് അതിൽ നിന്നവർക്ക് ലാഭവും നഷ്ടവുമുണ്ട് അവരെ കുറിച്ചും പറഞ്ഞിട്ട് കാര്യൻ മറ്റൊന്ന് വിജ്ഞൻ രണ്ടുപേരെയും ഇവിടെ പരാമർശിക്കുന്നു അല്ലാതെ പ്രയോജനമില്ലാത്ത കാര്യമാണ് മറിച്ച് മൂന്നാമത്തെ പൊട്ട് തപസ്സുണ്ട് സ്വാധ്യായമുണ്ട് അവരുടെ ജിജ്ഞാസ ഉണർന്നു ഒരു ഗുരുവിനെ പ്രാപിക്കുന്നു തത്വത്തെ ശ്രവിക്കുന്നു പക്ഷേ അവർക്കത് തത്വബോധം ഉണ്ടാകുന്നില്ല നമ്മൾ സാറിന് പറയുന്ന ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അവർക്കതിന്റെ പരവുമായ ഫലത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് വലിയ നഷ്ടമായിത്തീരുന്നത് അങ്ങനെ തപസ് സ്വാധ്യായ നിരതരായവർ ഇത് പ്രാപിക്കേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കും അവർക്കങ്ങനെ നഷ്ടം സംഭവിക്കും കാരണം ഈ പറയുന്നതെല്ലാം അവർക്ക് വന്നുചേർന്നാൽ ഗുരുപ്രാപ്തിയും ഉപദേശവും എല്ലാം വന്നു ചേർന്നു കഴിഞ്ഞാൽ അവരിൽ തപസ് സ്വാധ്യായവും ശ്രദ്ധയും എല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നഷ്ടം സംഭവിക്കുന്നത് കാരണം ഈ മായാബന്ധനത്തിൽ നിന്നും അവർക്ക് മോചനം നേടാൻ കഴിയാത്തത് ഇതെല്ലാം ഉണ്ടായിരുന്നാലും ശരി വീണ്ടും അവർ ഈ പ്രപഞ്ചത്തിലെ ഭ്രമങ്ങളിൽ പെട്ടുപോകുന്നുണ്ട് ഈ സൺമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ അതിൽ നിന്നും വ്യതിചരിച്ചു പോകുന്നുണ്ട് ഒരാളിൽ വിജ്ഞാസയുണ്ടായി അയാൾ സന്മാർഗത്തിലേക്ക് വന്നു എന്നാലും അയാൾ ഈ മായയ്ക്ക് അധീനനായി പോകാം അതനുസാരണം കണ്ടുവരുന്നു അയാളെ ഇതിൽ നിന്ന് സ്വതന്ത്രനാകാൻ അയാൾ യോഗ്യനാണെങ്കിൽ പോലും അയാൾ സുഹൃത്തിയാണെങ്കിൽ പോലും മായ വരച്ചുകളും അവരെ സംബന്ധിച്ചാണ് പറയുന്നത് എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ യോഗ്യന്മാരെയും അത് ബന്ധിക്കും പ്രപഞ്ചത്തിനെങ്ങനെ ബന്ധിക്കും ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ ഇതിൽ നിന്നുള്ള ശ്രദ്ധയെ നശിപ്പിച്ചു കളഞ്ഞു ഇതിലുള്ള ശ്രദ്ധ ക്രമേണം നഷ്ടപ്പെട്ടു അത് വളരെ ജിജ്ഞാസുവായി ശ്രദ്ധാലുവായി വളരെ ഉണർവോടുകൂടി ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയാലും അയാൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അയാൾ ക്രമേണ മോഹങ്ങൾക്ക് പിഴ്പ്പെട്ടു മായാശക്തിയാളെ പിഴ്പ്പെടുത്തിക്കളയും അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് എന്തുകൊണ്ട് അവരെ സംബന്ധിച്ച് വലിയ ലാഭം ഉണ്ടാവേണ്ടതാണ് വലിയ ലാഭം ഉള്ള വലിയ നഷ്ട അവരുടെ ജിജ്ഞാസയും ശ്രദ്ധയും അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വലുതായ ലാഭം ഉണ്ടാവേണ്ടതാണ് പക്ഷേ അതിനുള്ള സുഹൃതം പുണ്യം ഉണ്ടായിട്ടും അവർ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെ കുടുങ്ങിപ്പോകും കേവലം അജ്ഞന്മാരെ പോലാണ് അജ്ഞന്മാർ ഒരു തത്വവും അറിയാതെ പ്രപഞ്ച വ്യവഹാരങ്ങൾ കൊടുങ്ങും ഈ സമൂഹത്തിൽ കോടിക്കണക്കിന് ജീവന്മാർ ഇതിനെക്കുറിച്ചൊന്നും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം പോലും ലഭിക്കാതെ അവരുടെ ലാഭനഷ്ടങ്ങളിൽ കുടുങ്ങിയവർ പോകുന്നു അതൊക്കെ വളരെ തുച്ഛമാണ് കാര്യം അവർ നേടുന്നതും തുച്ഛം അവർ നഷ്ടപ്പെടുന്നതും ഇതങ്ങനെയല്ല ഇത് ഈ മഹത്തായ നേട്ടത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് പറഞ്ഞല്ലോ അത് സത്യം അസ്തി ഇതാണ് പരമാർത്ഥമായ സത്യം ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ആ മാർഗത്തിൽ തന്നെ മുന്നോട്ട് സംഭവിക്കുമ്പോൾ അതുകൂടെ ഇത്രയും തത്വം ഉപദേശിച്ചതിന് ശേഷം ഇത് പറയുന്നു തത്വമല്ല ശ്രവിച്ചതിന് ശേഷം വീണ്ടും നിസ്സാരമായ തുച്ഛമായ മോഹങ്ങൾ കടിമപ്പെട്ടു എവിടെ ആയാലും ശരി അത് ഗ്രഹത്തിലാണെന്നോ ആശ്രമത്തിലാണെന്നോ ഗുരുവിന്റെ സന്നിധിയിലാണെന്നോ അതെനി സാക്ഷാത് പരമാത്മാവിന്റെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യവുമില്ല മായക്ക് കയറിച്ചെല്ലാം വയ്യാത്ത ഒരു സ്ഥലവും കടന്നു കയറി അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കളയും അവൻ മോഹാവിഷ്ടനായിപ്പോ മഹതി വിനഷ്ടി തത്വം എല്ലാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അയാൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു ഇത്രയും വലിയ പണ്ഡിതനായി എന്ന് പറയും നമ്മൾ അല്ലെങ്കിൽ പറയാൾ ഇത്രയും വലിയ സാധനകൾ ചെയ്തവനാണ് അല്ലെങ്കിൽ പറയാൻ ഇത്രയും വലിയ സാധകനാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും അയാൾ ഇത്രയും വലിയ ഗുരുവായിരുന്നു എന്നും പറയും എന്നിട്ടും അയാൾക്ക് പതനം സംഭവിച്ചല്ലോ നമ്മൾ സ്വന്തം പതനത്തെ കുറിച്ച് നമ്മൾ പറയാറില്ല മറ്റുള്ളവരെ കുറിച്ച് പറയും എന്തുകൊണ്ട് സംഭവിച്ചു അത് സംഭവിക്കുക അയാളെല്ലാം ഈ വലുതെല്ലാം ആയതെന്താണ് അയാളുടെ മോഹം കൊണ്ടാണ് ഒരുപക്ഷെ അയാൾ ഗുരുവായതും അയാളുടെ മോഹം കൊണ്ടായിരിക്കും മോഹം കൊണ്ടായിരിക്കുകയാൾ ആ സ്ഥലത്ത് എത്തിച്ചത് അതും മായയായിരിക്കുക അവിടെ എത്തിച്ചേർത് പരമാർത്ഥത്തിലായിരിക്കണം ഗുരുക്കന്മാർക്ക് ലോകത്ത് കിട്ടുന്ന ബഹുമാനവും ആദരവും കീർത്തിയും എല്ലാം എന്തിനു സമ്പത്ത് വരെ ഇതെല്ലാം കാണുമ്പോൾ ശിഷ്യനും ആഗ്രഹവും തോന്നുന്ന ഒരു ഗുരുവായാലുണ്ട് അപ്പോൾ അയാളുടെ മോഹം അയാൾ ഗുരുസ്ഥാനത്തെത്തിക്കും അവിടെയും അയാൾ പതിക്കും മഹാത്മാക്കൾ ലോക സംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാൻ ആഗ്രഹിച്ച് അജ്ഞനും പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവനും കീർത്തിയും സമ്പത്തും ഒക്കെ ആർജിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം അവനെ നശിപ്പിക്കും മഹതി വിനഷ്ടി അപ്പം മാർഗത്തിൽ സംഭവിക്കുന്നവർക്കാണ് ഈ നഷ്ടം സംഭവിക്കുന്നത് ഇതിലെല്ലാം അങ്ങനെ ഒരു ന്യൂനതയുണ്ട് തത്വശ്രവണത്തിലും ഒക്കെ അതിപരിചയം കൊണ്ട് അതിൽ അശ്രദ്ധയുണ്ടാവും സ്വാഭാവികമായിട്ടും സംഭവിച്ചു അങ്ങനെ സംഭവിപ്പിക്കുന്നത് മായാശക്തിയാണ് അചിന്തിയമായിരിക്കുന്ന മായാശക്തി അതിന്റെ ശക്തി എന്താണെന്ന് ഇവന് കണക്കുകൂട്ടാൻ പറ്റത്തില്ല അവന്റെ മനസ്സിൽ ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാകും ആ പ്രലോഭനം ഗുരുത്വം വരെ ചെന്ന് നിൽക്കാൻ ഗുരുവാകണം എന്നൊരാൾ വരും ഏതെങ്കിലും രണ്ടുമൂന്ന് മണ്ടന്മാരെ കിട്ടിയാൽ മതി ഗുരുവാകും കൃതാർത്ഥന നാശം സംഭവിക്കും ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ നാശം ഉണ്ടായി അതുകൊണ്ടാണ് തത്വത്തെ ഉപദേശിച്ചതിനു ശേഷം എല്ലാം പരമാവധി വെളിപ്പെടുത്തിയതിനു ശേഷം പറയുന്നു എന്റെ ഫലം നാശമാണ് എവിടെയെങ്കിലും തന്റെ ആ തപസ്വാധ്യായത്തിൽ നിന്നും വ്യതിചലനം സംഭവിച്ചത് ഇതെല്ലാം വിട്ടിട്ട് ഈ വ്യവഹാരങ്ങളിൽ കുടുങ്ങിയ എന്തിന്റെ പേരിലായി ഇതെല്ലാം വിട്ടിട്ട് വ്യവഹാരങ്ങളിൽ കുടുങ്ങുക എന്ന് പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വിട്ടുപോകും അതെന്തിന്റെ പേരിലായി ലോക സേവനമെന്നുള്ള പേരിലോ മറ്റെന്തിന്റെ പേരിൽ ഇത് വിടുകയും വ്യവഹാരത്തിൽ മുഴുകുകയും ചെയ്തു കഴിഞ്ഞ വ്യവഹാരത്തിൽ സാധാരണ മുഴുകുന്ന എന്തിനാണ് നമ്മൾ സേവനമെന്നുള്ള വ്യാജേന നമ്മൾ വ്യവഹാരത്തിൽ മുഴുകുന്ന എന്തിനാണ് ലോകത്ത് വ്യവഹാരം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് സത്കീർത്തി പിന്നെ സമ്പത്ത് പിന്നെ അധികാരം ഇതിന് വേണ്ടിയിട്ടല്ലാതെ പിന്നെ വ്യവഹാരമില്ല എങ്ങനെയും ഇത് ഇത്രയും നേടണം അതാണ് വ്യവഹാരത്തിന്റെ നിഗൂഢമായ ലക്ഷ്യം വിവേകി അതെല്ലാം തിരിച്ചറിയുന്നു ഇതൊന്നും ശാശ്വതമല്ല അവൻ സമ്പത്തിനു വേണ്ടി വിവരിക്കത്തില്ല കാരണം സമ്പത്തിന്റെ ആർജനവും അതിന്റെ വിനിയോഗവും രണ്ടും വളരെ ക്ലേശഭൂയിഷ്ടമാണ് എന്തിന്റെ പേരിലായാലും ശരി ആത്മീയതയുടെ പേരിലായാലും ശരി സമ്പത്ത് ആർജിച്ചോ സമ്പത്ത് വിനിയോഗിക്കുന്നോ അത് ക്ലേശമാണ് നമ്മുടെ ധർമ്മത്തെ വിടേണ്ടി വരും ധർമ്മവും സമ്പത്തും കൂടെ ഒരുമിച്ച് കൊണ്ടുനോക്കുന്നു ധർമ്മത്തിലൂടെ സമ്പത്ത് ആർജിക്കാൻ പ്രയാസം ധാർമ്മികമായി സമ്പത്ത് പ്രയാസം പ്രത്യേകിച്ചും ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കും സഞ്ചരിക്കുന്നത് അവിടെ അധർമ്മം കടന്നുവരും അപ്പം അവൻ ശരിയായ ശ്രദ്ധയുള്ളവനാണെങ്കിൽ അവന് അത് ദുഃഖമുണ്ടാക്കും ഞാൻ ആധ്യാത്മിക മാർഗത്തിൽ വന്നിട്ടും സത്യത്തിൻ്റെ മാർഗത്തിൽ വന്നിട്ടും എനിക്ക് അധർമ്മത്തിലൂടെ സമ്പത്തുണ്ടാക്കേണ്ടി വരുന്നുണ്ടോ അധർമ്മത്തിലൂടെ സമ്പത്ത് വിനിയോഗിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നെല്ലാമുള്ള കുറ്റബോധം വരും അത് സമ്പത്തിൻ്റെ സ്വഭാവമാണ് അതിനോടൊപ്പം കളങ്കവും ഉണ്ടായിരുന്നു അതൊരു ദോഷം അതിന്റെ ആർജനവും വിനിയോഗവും ധാർമ്മികമായി അനുഷ്ഠിക്കാൻ പറ്റത്തില്ല അതാണ് വ്യവഹാരത്തിൽ വരുന്ന ഒരു ദോഷം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനൊന്ന് മുക്തനായി ഭഗവാൻ പറയുന്ന പോലെ എന്താണോ നമേ കർമാണി നിമ്പന്തി കർമ്മങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിൽ വ്യാവഹാരികമായി നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും എല്ലാം ഉണ്ട് പക്ഷെ അതെന്നെ സ്പർശിക്കുന്നില്ല എന്നേയുള്ളൂ ഒരു സാധുതനാ നിലപാടെടുക്കാൻ പറ്റത്തില്ല ധർമ്മത്തിനും അധർമ്മത്തിനും ഒരുപോലെ മുഴുകുക എന്നെ സ്പർശിക്കാതിരിക്കുക അത് പ്രയാസമാണ് സ്പർശിക്കുന്നു അപ്പോ സമ്പത്തിന്റെ ആർജനവും വിനിയോഗവും ചെയ്യാൻ പറ്റത്തില്ല അവൻ ആ വ്യവഹാര മേഖലയിലാണെങ്കിൽ അവൻ അതുകൊണ്ട് നശിക്കും ഇത് സത്യമാണ് പരമാർത്ഥമാണ് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അതുപോലെ തന്നെ ശക്തി സാമർഥ്യം ജീവന്റെ സാമർഥ്യങ്ങളെല്ലാം അവൻ ഉപയോഗിക്കുന്നു ലാഭനഷ്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ലാഭം ഉണ്ടാകാൻ ശ്രമിക്കുന്നു നഷ്ട ദിവസം ഉപയോഗിക്കുന്നു അധികാരമെന്നെല്ലാം പറഞ്ഞ് സാമർഥ്യം അതും അവനെ ദുഷിപ്പിക്കും ആ സാമർഥ്യങ്ങളുടെ ദുരുപയോഗം അവന് സംഭവിച്ചു അറിയാതെ തന്നെ സംഭവിച്ചു നിങ്ങളൊരു അധികാര സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ അത് പ്രയോഗിക്കേണ്ടി വരും അത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ദുരുപയോഗം സംഭവിക്കും പാപത്തെ അതുകൊണ്ട് ആർജിക്കും ഭഗവാൻ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല എന്തുകൊണ്ട് നാനവാപ്തം അവാപ്തവ്യം എനിക്കിവിടെ ഇതുകൊണ്ടൊന്നും ഒന്നും നേടാനില്ല എന്നാലും വർത്ത ചെയ്യേപ്പറ്റ കർമ്മണി ഞാൻ ആ കർമ്മത്തിന് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഹിംസയിലും അഹിംസയിലും എല്ലാം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതങ്ങനെ ഒരു സാധകനിലപാട് സാധ്യമല്ല എന്നാലവനാ അവന്റെ സാമർഥ്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഹദ്വീ വിനഷ്ഠയിച്ചു അവൻ്റെ തപസ്വാധ്യായമെല്ലാം പോവും ഒരു സംശയവും പിന്നെ കീർത്തി ഒരു പ്രവർത്തിക്കുന്ന അതാണ് ലോകപൂജ ബഹുമാനം ആദരം അതെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി സാധാരണ മനുഷ്യൻ അതായത് ലൗകികനായ ഭൗതികനായ മനുഷ്യൻ അവന്റെ സാമർഥ്യങ്ങൾ വിവിധ സാമർഥ്യങ്ങളോടുകൂടിയാണ് അവൻ ജനിക്കുന്നത് ആ സാമർഥ്യങ്ങളെല്ലാം അവൻ ഉപയോഗിക്കുന്ന ആത്യന്തികമായി അവന്റെ സന്തോഷം എന്ന് പറയുന്ന അവന്റെ കീർത്തിയിലാണ് ലോകത്തിന്റെ ശ്രദ്ധ ബഹുമാന ആദരവുകൾക്കാണ് ഇവിടെ തപസ്വാധ്യായത്തിലിരിക്കുന്ന ഒരുവൻ അക്കീർത്തിക്ക് വേണ്ടി ശ്രമിച്ച അവനും ഭക്തന്മാർ വേണം ശിഷ്യന്മാര് വേണം അവനെയും ലോകം അംഗീകരിക്കണം ബഹുമാനിക്കണം അതിനവൻ ഓരോന്നും ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ മഹദ്വിനഷ്ഠി വേദിധർമ്മത്തിലും മറ്റും പറയും എന്താണ് സംസാരം സന്യാസിയുടെ സംസാരത്തിൽ സന്യാസിയുടെ സംസാരമെന്ന് പറയുന്നത് പലതുണ്ട് അതിലേറ്റവും പ്രധാനമായി വരുന്ന ശിഷ്യന്മാരാണ് അതാണ് ഏറ്റവും വലിയ സംസാരം എന്തുകൊണ്ട് ഒരു ശിഷ്യനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ ജോലി യവനെ നന്നാക്കുക എന്നുള്ളതാണ് യവന സതുപദേശങ്ങളൊക്കെ കൊടുത്ത് സന്മാർഗത്തിൽ നയിക്കുക എന്നുള്ളതാണ് ഇവനാണെങ്കിലോ എത്ര നന്നാക്കിയാലും നന്നാകാത്തവനാണ് അപ്പോ ഗുരു ഇങ്ങനെ നന്നാക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ഉപദേശിച്ച് ഉപദേശിച്ച് ഉപദേശിച്ച് യവൻ നന്നാകാതിരിക്കുന്ന കാണുമ്പോൾ അവസാനം നിരാശയും ദുഃഖവും സങ്കടവും എല്ലാം ഇത്രയും കാലം ഇവനെ നന്നാക്കുന്നതിന് വരെ ഒരു വാഴ നട്ടിരുന്നെങ്കിൽ പോലെയെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കും കണ്ണവിന് എത്ര നന്നാക്കിയാലും നന്നാകത്തില്ല ഇത്രയും പരിശ്രമത്തിന് വേണ്ടി ചെയ്തിട്ട് അവസാനം ഗുരുവിനുണ്ട ഫലം നിരാശ അതാണ് ഗുരുവിന്റെ സംസാരം ഇത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കൽപ്പിച്ചുകൂട്ടി പറയുന്നതെന്ന് അപ്പോ സന്മാർഗത്തിൽ ചരിക്കേണ്ട ശിഷ്യൻ ദുർമാർഗത്തിൽ സഞ്ചരിച്ചു അത് ഗുരുവിന് ദുഃഖം ഉണ്ടാകത്തില്ല ലോകം പറയില്ലേ ഈ ഗുരുവിന് പ്രാപ്തിയില്ലാത്തോണ്ടാണവന് നശിച്ചുപോയതെന്ന് പറയത്തില്ലേ അതും ശിഷ്യൻ മുഖാന്തരം ഗുരുവിന് ദുഷ്കീർത്തി ഉണ്ടാകും സത്കീർത്തിക്ക് പകരം ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതിന് ഇതൊക്കെയാണ് കാരണം അതും ഗുരുവിന്റെ സംസാരമായി ഗുരുവിന്റെ ഈ സംസാരം ഗുരുവിന് ദുഷ്കോർത്തിയുണ്ടാകും അതുണ്ടാകും ശിഷ്യന്റെ ദോഷങ്ങളെല്ലാം ഗുരുവിനെ പ്രാപിക്കുന്നു എന്നാണ് തിരിച്ചല്ല അതുകൊണ്ടത് സമ്പത്തും അധികാരവും പോലെ തന്നെ ദുഷ്കീർത്തി സത്കീർത്തി സമ്പാദിക്കാൻ ശ്രമിച്ചാൽ ദുഷ്കൃത്തി ഉണ്ടാവും നമ്മളും അതാണ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു മഹത്വം ആരെങ്കിലും പറഞ്ഞു തീർക്കുകയാണ് പിന്നെ ആള് അറിവുള്ള ആളാണ് യോഗ്യനാണ് തപസ്വിയാണ് ജ്ഞാനിയാണ് അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് പറഞ്ഞ് ഒരാളെ ആരെങ്കിലും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അയാൾ നമ്മൾ ഉടനെ പറയും ശരിയാണ് അയാൾ തപസ് ആണ് പക്ഷെ അയാൾക്ക് ജ്ഞാനമില്ല കൊള്ളാം നല്ലതാണ് അയാൾ ഇപ്പം തപസ്സെന്ന് പറയുന്ന ആടെ സത്കീർത്തിയാണ് അതിന് നമ്മളൊരു ചെറിയ ദുഷ്ട കീർത്തി വെച്ചുകൊടുക്കും കൊള്ളാൻ തപസ്സിയാണ് പക്ഷെ അയാൾക്ക് ജ്ഞാനങ്ങൾ വേറെ ആളെക്കുറിച്ച് പറയുകയാണ് നല്ല അയാൾ മഹാജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ പറയും ജ്ഞാനിയാണ് പക്ഷെ എന്തു ചെയ്യും അയാൾക്ക് ഭക്തിയില്ല കുറച്ച് ഭക്തിയുടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അയാളുടെ ആ സത്കീർത്തി നമ്മുടെ വകയായിട്ടൊരു ചെറിയ ദുഷ്കീർത്തി ഇനി പറയുന്ന അയാൾ മഹാഭക്തനാണ് എന്ന് പറഞ്ഞാൽ പറയും ഭക്തൻ തന്നെയാണ് പക്ഷെ എന്തു ചെയ്യാം ജ്ഞാനും ലേശവുമില്ല നമ്മുടെ ഉപകാരം ഇത് ആരാ പറയുന്നത് ശ്രദ്ധാലുക്കളി തന്നെ പറയുന്നു ആധ്യാത്മികമായി തപസ്വാധ്യായി ഉള്ളവരാണെന്ന് പറയുന്നത് അപ്പം സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ട് സാധാരണ മനുഷ്യൻ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നതിൽ എന്തെങ്കിലും ആതിശയമുണ്ട് എവിടെങ്കിലും ഒരു സ്ഥലം ദുഷ്കീർത്തിയില്ലാതെ സത്കീർത്തി മാത്രമുള്ള സ്ഥലം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ സാധ്യമല്ല കാരണം നമ്മൾ ഉള്ളിടത്തോളം കാലം അത് സാധ്യമല്ല നമ്മൾ ജീവിച്ചിരിക്കാതെ സാധ്യമല്ല ആ ഒരു പക്ഷേ നമ്മൾ ഇത്രയും ചെയ്യുമായിരിക്കും നമ്മുടെ സ്വന്തം ഗ്രൂവിനെ കുറിച്ച് നമ്മൾ ദുഷ്കീർത്തി ഒന്നും പറയത്തില്ല പക്ഷെ മറ്റു ഗുരുക്കന്മാരെ നമ്മൾ ഇവിടെ എത്തില്ല നമ്മൾ എന്തെങ്കിലും ഒരു ദുഷ്കൃത്തി നമ്മുടെ വകയായി ഇവിടെ കൊടുക്കണം ഇതാണ് ലോകസഭാങ്കിൽ ഒരുവൻ കീർത്തി ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം ലോകത്തിന്റെ ബഹുമാനവും ആദരവും വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം മറുവശത്തു നിന്ന് നേരെ വിപരീതമായതും കൊടുക്കാനാണ് സമൂഹമുണ്ട് ജനമുണ്ട് സാധകന്മാര് തന്നെയുണ്ട് അപ്പോൾ സപ തപസ്വാധ്യായ നിരുതന്മാരായ ആൾക്കാർ ശ്രദ്ധാലുക്കള ആൾക്കാരും ഇതിലേക്ക് വീണ് പോകും അതാണ് പറഞ്ഞത് മായയുടെ ശക്തിയുണ്ട് അവരുടെ മാർഗത്തിൽ നിന്ന് അവർ വിരിചരിക്കും അവരും സമ്പത്തിനും ീർത്തിക്കും മറ്റു പലതിനും വേണ്ടി അവരുടെ മാർഗത്തിൽ നിന്ന് മനഃപൂർവ്വമല്ല ഈ മായാശക്തി കൊണ്ട് അവർ വ്യതിചലിച്ചു എന്നിട്ട് അതിനെല്ലാം സ്വയസമാധാനവും കണ്ടെത്തും എന്തു ചെയ്യാം ഞാൻ നല്ലവനാണ് പക്ഷെ എന്റെ വാസന ശരിയല്ല എന്റെ കർമ്മം ശരിയല്ല എന്റെ പ്രാരബ്ധ ശരിയല്ല ഇങ്ങനെയുള്ള സമാധാനം മഹതി വിനഷ്ടി അതിനെക്കുറിച്ച് ശ്രുതി പറയുന്നത് അതാണ് എപ്പോഴും ഗുരുവിടേണ്ട ഒരു മന്ത്രമാണ് മഹത്തായ വിനാശമാണ് ഗുരുവിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉണത്തക്കാൾ ഏറെ ദോഷമാണ് പലതിനും നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നെയാണ് അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തത്വ ശ്രവിച്ച് പരമാവധി ശ്രുതി വെളിപ്പെട്ട് അതൊരു ബോധ്യപ്പെടാൻ ശ്രമിച്ചാലും ഈ മായയിൽ നിന്നും മുക്തി നേടുക എളുപ്പമല്ല സുഹൃതികൾക്ക് കൂടി സാധ്യമല്ല അവർക്കുകൂടി ഈ മഹത്തായ നഷ്ടം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരാൾ ഗുരുവനൊരു ജിജ്ഞാസയുണ്ടായി അയാൾ തപസ്വാധ്യായങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു അയാൾക്ക് ഗുരുപ്രാപ്തി ഉണ്ടായി ഗുരു സന്നിധിയിൽ കഴിയുന്നു അതുകൊണ്ട് എല്ലാമായി കരുത അതിലൊക്കെ എത്രയോ മുമ്പോട്ട് പോയി ശരിയായ തത്വശ്രവണം മഹാനായ ഗുരുവിൽ നിന്ന് ലഭിച്ചതിന് ശേഷവും ശ്രുതി പറയണെന്താണോ മഹത്തായ വിനാശമാണ് നിന്നെ കാത്തിരിക്കുന്നത് അത് തന്നെ ഇവിടെ കഠോവംശത്തിൽ പറഞ്ഞ കാര്യം തന്നെ വേറെ രീതി പറയുന്നു അതുകൊണ്ട് ഇതൊന്നുകൊണ്ടൊരുവൻ എളുപ്പം കൃതാർത്ഥരായിട്ട് കാര്യമില്ല ഇത്രയും കൊണ്ട് കൃതവൃത്തിനാകേണ്ട കാര്യമൊന്നും ഈ മാർഗത്തിൽ മുഴുവൻ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വലിയയിരുപ്പുണ്ട് മറ്റൊന്നുമല്ല മായയുടെ പ്രലോഭനങ്ങൾ പലതരത്തിലും ഇരുപ്പുണ്ട് അതിൽ നിന്നും അതിലക്കെല്ലാം പെട്ടുപോകും മാത്രമല്ല ഇനി ഒരു പലപ്പോഴും ഇത്തരം മോഹജാലങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വിവേകമുള്ളവനാണ് പുണ്യമുള്ളവനാണ് ഈശ്വരാനുഗ്രഹമുള്ളവനാണെങ്കിലും അവൻ തിരിച്ചറിയും ഒരു കുരുക്കിൽ ഒരു ഒരു വിവേകമില്ലാത്ത ഒരു പ്രാണി പോലും പെട്ടു കഴിഞ്ഞാൽ അതാ കുരുക്കിനെ കുടഞ്ഞ് കളഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും പക്ഷെ വിവേകിയായ മനുഷ്യനങ്ങനെ നല്ല വിവേകിയായ സാധകനെന്ന് പറയാം അവൻ അങ്ങനെ അവൻ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ വീണുപോയാൽ ഈ മായാക്കുരുക്കൽ പെട്ടുപോയാൽ അവൻ എന്താ പറയുന്നത് എല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം അവസാനത്തെ ആശ്വാസമാണ് എന്തുകൊണ്ട് നിനക്ക് ഈ പതിനെ സംഭവിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയേ സംഭവിച്ചോളൂ ഇനി കൂടുതലൊന്നും സംഭവിച്ചില്ല അതിനെയും സ്വയം ന്യായീകരിക്കും ഈശ്വരാനുഗ്രഹമെന്നോ തന്റെ നാശത്തെപ്പോലും അവൻ ഈശ്വരാനുഗ്രഹമെന്നോ ഗുരുവിന്റെ അനുഗ്രഹമെന്നൊക്കെ പറഞ്ഞ് അവന് ന്യായീകരിക്കും എന്നാലും അവൻ അതിൽ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ല വീണ്ടും ആ തന്നെ പോകും ആണ് ശക്തി അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് സാധകന്മാരെയാണോ കേവലം അജ്ഞനായ ലൗകികനായ സാധാരണ മനുഷ്യനല്ല അതുകൊണ്ടാണ് വലിയ വീഴ്ചകളെപ്പോലും അവൻ അനുഗ്രഹമെന്ന് കരുതി സ്വീകരിക്കുന്നു അത് സംഭവിക്കാറുണ്ട് കൂടെ അവൻ പരാതിയെ സംബന്ധിക്കാൻ ഒരു വിജയമാണ് ഭൂഷണം എന്നത് ദൂഷണം എല്ലാം ഭൂഷണമായിട്ട് ഒന്നും ദൂഷണമായി കരുതത്തില്ല ശ്രുതി ഇതെല്ലാം കണ്ട് മാറി എന്ന് പറയുകയാണ് എന്താണ് മഹതി സംഭവിച്ചിരിക്കുന്നത് മഹത്തായ വിനാശമാണ് അതുകൊണ്ട് ഈ മഹത്തായ വിനാശം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ആധ്യാത്മികമായ മാർഗത്തിൽ തപസ്വാധ്യായ ത്തോടുകൂടി ശ്രദ്ധാന്തന്മാരായി സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അജ്ഞനും സംഭവിക്കുന്നില്ല തത്വജ്ഞനും സംഭവിക്കുന്നില്ല അവനാണ് ശ്രുതി ആ നാശത്തെ മഹതി ഏറ്റവും മഹത്തായ നാശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കണം അകൃത കൃത്യതാ വരുന്നതിന് മുമ്പ് അത് ഭാവിക്കാൻ പാടില്ല നമ്മ ഈ പാർത്താസ്തി കർത്തവ്യവും ലോകേഷിഞ്ചന എനിക്ക് മൂന്ന് ലോകത്തിന് ഒരു കർത്തവ്യവുമില്ല എന്നാലും ഞാൻ ഈ സംസാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തിനു പ്രവർത്തിക്കുന്നു ലോക സംഗ്രഹമേവാർത്ഥം ലോകസംഗ്രഹം ഒരു കർത്തവ്യവും ഇല്ലെങ്കിൽ അപ്പോൾ ഒരു കർത്തവ്യവും എന്ന് ബോധ്യപ്പെട്ടവരുവനെ ലോക പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്കെ പറ്റും കർമ്മത്തിൽ പ്രവർത്തിച്ചോ അത് ഗുണദോഷ സമ്മിശ്രമായി തന്നെ ഇരിക്കുക ഗുണത്തെ മാത്രം എടുത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് സംസാരം ധന്ദ്വാത്മകമാണ് പക്ഷെ ആ പ്രവർത്തിക്കാൻ ബോധ്യം വരണം എന്താണോ എനിക്ക് മൂന്ന് ലോകത്തിലും കർത്തവ്യമില്ല നമ്മെ കർമാണി ലിംബന്തി അബോധ്യം വരണം അത്രയൊരു ബോധ്യം അത്ര കൃത കൃത്യത വരാതെ ഒരു സാധകൻ അതിനെ അനുകരിച്ചുകൊണ്ട് കർമ്മമാർഗത്തിൽ പ്രവർത്തിച്ചാൽ ഈ ദ്വന്ദ്വാത്മകമായ കർമ്മമാർഗത്തിൽ പ്രവർത്തിച്ചാൽ അവന്റെ വിവേകം നഷ്ടപ്പെട്ട് ഇതിൽ കുടുങ്ങി നശിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് അത് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ അവന് വന്നുചേരുന്ന ദോഷങ്ങളെല്ലാം അവൻ അനുഗ്രഹമായി സ്വീകരിക്കും അവൻ്റെ നാശം എന്താണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയത്തില്ല മഹത്തായ വിനാശം സംഭവിക്കും അതുകൊണ്ട് ഒരുവനെ സംബന്ധിച്ച് അങ്ങനെ കർമ്മ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നാൽ വ്യവഹാരത്തിൽ നിൽക്കേണ്ടി വന്നാൽ കൂടി അത് വളരെ ശ്രദ്ധയോടെ ഇതൊന്നും വിടാതെ സ്വാധ്യായങ്ങൾ സത്സംഗങ്ങൾ ഒന്നും വിടാതെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് മറ്റൊരു വശമാണ് കാരണം എന്താണ് ഒരുവന് ഇതെല്ലാം പൂർണ്ണമായും വിട്ടിട്ട് നിൽക്കാൻ കഴിഞ്ഞു അവൻ പറഞ്ഞതുപോലെ എന്താണ് അവശനായി കർമ്മത്തിന് പ്രവർത്തിച്ചു പോകുന്നു പരവശനായി പ്രകൃതിക്ക് അതീതനായി അവൻ കർമ്മത്തിൽ പ്രവർത്തിച്ചു പോകുന്നു അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അവൻ അതിൽ നിന്ന് മാറിയിക്കാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ അവൻ അവന്റെ തപസ്വാധ്യായങ്ങളെ വിട്ടുകഴിഞ്ഞാൽ അവിടെ നാശം ഗൗരവൻ അവശനായി കർമ്മത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നാൽ ഗോൺ പറഞ്ഞ പ്രകൃതി ത്വം നിയോക്ഷിത് ഈ പ്രകൃതി നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കും നീ പ്രവർത്തിക്കുന്നതല്ല നിന്റെ പ്രവൃത്തി നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അങ്ങനെ ഒരു ഘട്ടത്തിലാണെങ്കിൽ അത് അവിടെ തന്നെ തന്നെ മറന്നു പ്രവർത്തിക്കാൻ പാടില്ല തപസ്സ്വാധ്യായത്തെ വിട്ടിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ഇനി അടുത്ത് പറയുക അവസാനിപ്പിക്കുമ്പോൾ ഇത്രകരണം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വീണ്ടും അതാ പറയുന്നത് അരിമലി ഒരു തത്വത്തെ ശേഷവും പരമാവധി പറഞ്ഞതിന് ശേഷവും വീണ്ടും പറയുന്നെന്താണോ കർമ്മത്തിലേക്ക് തപസ്സിലേക്ക് സ്വാധ്യായത്തിലേക്കാണ് വീണ്ടും പറയുന്നത് അതിലേക്ക് വരിക കാരണം ശ്രുതി തത്വത്തെ വെളിപ്പെടുത്തി തത്വം തന്നിൽ പ്രകാശിക്കുന്നില്ല അങ്ങനെ ഒരു വൈഷമ്യം വരുമ്പോൾ പറയുന്നു അവിടെ എത്തപ്പോൾ സ്വാധ്യായത്തിലേക്ക് വരുതോ പക്ഷേ അത് ഒരു നഷ്ടത്തിന് കാരണമാകരുത് ആധ്യാത്മിക മാർഗത്തിൽ ഒരുവൻ കടന്നു വന്നിട്ട് പിന്നീടവൻ വലിയ നാശത്തിലേക്ക് പോകരുത് വലിയ നാശത്തിനുള്ള സാധ്യത അവിടെയുണ്ട് അപ്പം അവിടെ വീണ്ടും അവൻ തപസ്സിനും സ്വാധ്യായത്തിനും തന്നെ വരണം അതുകൊണ്ട് ഈ വ്യവഹാരത്തെ മായാമയം എന്ന് തിരിച്ചറിയുക അതിന് സത്യത്തിന്റെ ദേശം പോകുന്നുണ്ട് അത് മനസ്സിനെ വ്യോമോഹിപ്പിക്കുന്ന മായയുടെ സൃഷ്ടിയാണ് വ്യവഹാരം മായാ സിഷ്ടമായ വ്യവഹാരത്തിൽ സ്വയം മുഴുകിപ്പോയാൽ അത് നഷ്ടം തന്നെയാണ് തപസിനെയും സ്വാധ്യായത്തെയും വിട്ടിട്ടും മുഴുകിപ്പോയാൽ നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ മഹത്തായ കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ശരി അതൊരു സത്യമാണ് അത് ഒരു ജീവനെ നശിപ്പിക്കുന്നതിന് ശേഷിയുള്ളതാണ് ഈ പറയുന്ന സമ്പത്തും കീർത്തിയും മറ്റ് പലതും അവന് കൊടുത്തുകൊണ്ട് അവനെ നശിപ്പിക്കാൻ പോന്നതാണ് എല്ലാ കർമ്മങ്ങളും അതുകൊണ്ട് അതിന് സൂക്ഷിച്ചു വേണം വ്യവഹാരത്തിൽ സൂക്ഷിച്ചു വേണം പ്രവർത്തിക്കേണ്ടത് അത് ഈശ്വരാനുഗ്രഹം ഗുരുവാനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരുവന് അതിൽ നിന്ന് പരുക്കൊന്നും പറ്റാതെ കരകയറാൻ പറ്റൂ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നാൽ അതിൽ നിന്ന് കരകയറേണ്ടത് ആവശ്യമാണ് അതിനവിടെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണത് വലിയ നഷ്ടത്തെ ഉണ്ടാക്കുന്ന ഒന്നായി മാറരുത് ആധ്യാത്മിക ജീവിതം മൃഗങ്ങളെ സംബന്ധിച്ച് പ്രശ്നമെന്റും ഉണ്ട് കർമ്മശേഷം അനുഭവിച്ചു അതിൽ പോകുന്നു അതിന് പാപപുണ്യങ്ങളില്ല എന്തോ കർമ്മശിഷ്ടം അത് ഇങ്ങനെ ഒരു ജന്മം വന്നു അവിടെ അത് സോതൃത്വങ്ങൾ അനുഭവിക്കുന്നു മരിച്ചുപോകുന്നു ഒരു നഷ്ടവും അതിന് സംഭവിക്കാനില്ല ഈ ജന്മത്തിൽ പൊറോ ജന്മങ്ങൾ സംഭവിച്ചാൽ നഷ്ടത്തിന്റെ ഫലം അനുഭവിച്ചാൽ മാത്രം ബുദ്ധിക്കും മനുഷ്യജന്മത്തിനും ഒട്ടും മുക്കാലും അങ്ങനെയാണ് അവരുടെ സാമർഥ്യങ്ങളെല്ലാവരും മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ലാഭം എന്തും നഷ്ടം അവർക്കറിയില്ല അവരോട് മഹതീ വിനഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർക്ക് അങ്ങനെ ഒരു നഷ്ടമില്ല ആധ്യാത്മിക സാധകന്മാർക്ക് അങ്ങന അവർക്കൂടെ ആത്മലാഭം എന്ന് പറയുന്ന പരമമായ ലാഭം ഉണ്ടാകണം ഉണ്ടായിത്തീരും അതിനുവേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ടാണ് അവനുള്ള ആ ജിജ്ഞാസ ഉണർന്നത് പൂർവ പുണ്യം കൊണ്ട് പക്ഷെ അത് മഹതി വിനഷ്ടിയാണ് അതുകൊണ്ട് ഈ തത്വ ഇത്രയും വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം പിന്നെ നഷ്ടത്തിന്റെയും ലാഭത്തിന്റെയും കണക്ക് പറയുകയാണ് ജീവൻ ചെയ്ത അധികൃത അവൻ അധികാരി എന്ന് പറഞ്ഞാൽ സാമർഥ്യമുള്ളവൻ ആധ്യാത്മികമായ സാമർഥ്യങ്ങളെല്ലാം ഉള്ളവ ഷികാരൻ പറയും ബ്രാഹ്മണൻ എന്ന് പ്രത്യേകിച്ച് പറയും ജാതി ബ്രാഹ്മണൻ എന്ന് വേണമെങ്കിലും എടുക്കാം എടുത്താൽ തെറ്റൊന്നുമില്ല കാരണം ആ കാലഘട്ടത്തിൽ തപസ്വാധ്യായമൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു വിഭാഗം അല്ല കാലാതീതമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്നും തപസ്വാധ്യായങ്ങളും മുഴുകിയിരിക്കുന്നവർ ആത്മവിദ്യ മർഥ്യമുള്ളവൻ നീതവൻ അറിഞ്ഞുണ്ടെങ്കിൽ ന വിജിതവാൻ എന്നുവെച്ചാൽ അവൻ ഈ തത്വമൊക്കെ ശ്രവിച്ചു ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു വീണ്ടും അവൻ പ്രപഞ്ച കാര്യങ്ങളിൽ മുഴുകി മായയ്ക്കധീനമായ തുച്ഛമായ കാര്യങ്ങളെ ശ്രേഷ്ഠമാണെന്ന് കരുതി ഇത് ശ്രേഷ്ഠമാണെന്ന് അറിഞ്ഞു ഇത് ശ്രേഷ്ഠമാണെന്നറിഞ്ഞപ്പോൾ അവൻ തുച്ഛമെന്ന് തോന്നിയതിനെല്ലാം ഉപേക്ഷിച്ചു ലൗകികമായ പലതും അവൻ ഉപേക്ഷിച്ചു കാരണം അതെല്ലാം നിസാരമാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ടും അവൻ ഇതിന് ശ്രേഷ്ഠമാണെന്ന് ധരിച്ചിട്ടും ശ്രേഷ്ഠമായ ഇതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവന് വീണ്ടും മായ വികാരങ്ങൾ ഉണ്ടായി വീണ്ടും അവൻ തുച്ഛമായതിൻ്റെ പറയ പോകും സമ്പത്തും മറ്റു കാര്യങ്ങളും അതിൻ്റെ പറയ പോകും അവിടെയാണ് നാശം സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരം വിഘ്നങ്ങൾ പ്രതിബന്ധങ്ങൾ അവന്റെ വേദനത്തിന് തടസ്സമായിരിക്കുന്നു ആത്മബോധനത്തിന് തടസ്സമായിരിക്കുന്നു തഥാ മഹതി ദീർഘ അനന്താവിനിഷ്ഠി പറയുന്നു പിന്നീട് സംഭവിക്കുന്ന നാശം അത് അനന്തമാണ് എന്തുകൊണ്ട് പറഞ്ഞല്ലോ ഒരു ലൗകീയനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ നഷ്ടങ്ങൾ ലൗകികമാണ് ലൗകികമെന്ന് വെച്ചാൽ തുച്ഛ അല്പമാണ് ലാഭങ്ങളെപ്പോലെ തന്നെ നഷ്ടവും അല്പമാണ് ലോകത്തിനു മുമ്പിൽ ശ്രേഷ്ഠമായ ലോകത്തിനു മുമ്പിൽ സമ്പത്തും കീർത്തിയും എല്ലാം വളരെ ശ്രേഷ്ഠമാണ് ആധ്യാത്മികമായി നോക്കുമ്പോൾ അതെല്ലാം വളരെ തുച്ഛമാണ് അവൻ നേടുന്നതും തുച്ഛം നഷ്ടപ്പെടുന്നതും തുച്ഛം അപ്പോൾ അവൻ വലിയ നഷ്ടമൊന്നു കരുതി നാശവും നഷ്ടവും വരുമ്പോൾ ആത്മഹത്യവരെ ചെയ്ത് മാറിയെന്ന് നോക്കിയാലും അത്ര നിസ്സാരമായ കാര്യങ്ങളാണ് അവന് നഷ്ടപ്പെടുന്നത് ഇവിടെ അങ്ങനെയല്ല ദീർഘാനന്ദ ഇവിടുത്തെ നേട്ടമെന്ന് പറയുന്നത് എന്താണ് ആത്മലാഭമാണ് അതിലും വലിയൊരു ലാഭമുണ്ട് ആത്മലാഭത്തിന് വേണ്ടി ഒരുവൻ ഇറങ്ങിത്തിരിച്ച് എന്നിട്ട് അതിൽ അവന് സംഭവിക്കുന്ന നഷ്ടങ്ങൾ വീണ്ടും അവൻ തുച്ഛം വന്നു കഴിഞ്ഞ് പരിധി ഉപേക്ഷിച്ചവന് വീണ്ടും സ്വീകരിക്കും അതാണ് അവിടെ നഷ്ടം വരുന്നത് അപ്പം അവന് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മലാഭം അവന് നഷ്ടമാകുന്നു അത് നമ്മുടെ ചില ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഗുരുവിൻ ഛർദ്ദിച്ചിട്ട് അതിനെ ഭക്ഷിക്കുന്ന പോലെയാണ് താൻ എന്തിനാണോ സ്വയം നിസ്സാരമാണോ തുച്ഛമാണെന്ന് കരുതി ഉപേക്ഷിച്ചത് വേണ്ട എന്ന് കരുതിയത് എന്തിനാം വേണ്ടെന്ന് വയ്ക്കുന്നു ആത്മലാഭത്തിന് വേണ്ടി ലൗകികമായ ബന്ധങ്ങൾ അത് വേണ്ടെന്ന് വയ്ക്കുന്നു സമ്പത്ത് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു മായ മോഹിതനായി അതിനെയൊക്കെ തന്നെ അവൻ വീണ്ടും സ്വീകരിക്കുന്നു ഇതിൻ്റെ ഗൌരവത്തെ അവൻ കുറച്ച് കാണും അപ്പോൾ അവന് സംഭവിക്കുന്നത് എന്താണ് ദീർഘ അനന്ത വളരെ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് കൂടിവും ചതവും മെറുമെല്ലാം കൂടും ഉയരം കൂടുന്ന അനുസരിച്ച് അവന് പറയുന്നു ദീർഘ അനന്ത അവൻ ആ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച വ്യതി ധർമ്മത്തിനും പറയുന്നു ഈ ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു അനേക ജന്മങ്ങളിൽ അവൻ അമേധ്യത്തിൽ കീടമായി ജീവിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതേ ഭാഷയിൽ തന്നെ മൃഗ ജന്മങ്ങളിൽ അല്ലെങ്കിൽ മൃഗസമാനമായ മനുഷ്യജന്മങ്ങളിൽ അനേക ജന്മങ്ങൾ അവന് കഴിയേണ്ടി വരും അതാണ് അനന്തമായ അതിനൊരവസാനം വരുന്നത് പിന്നെ അവനീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചാൽ മാത്രം മതി കേവലം നഷ്ടം മാത്രം ദീർഘ അനന്ത അവസാനമില്ലാത്തതായ വിനാശം വിനാശനം എന്താണത് ജന്മ ജരാമരണാദിപ്രബന്ധ അവിച്ചേദക്ഷണ അവിടെ വീണ്ടും വീണ്ടും ജനിച്ച ജരാമരണങ്ങൾ രോഗം മുമ്പ് പറഞ്ഞു ഇതിൻ്റെ ഈ പ്രബന്ധം അതിന്റെ അവിഛേദം അവസാനം കാണുന്നില്ല ഇതിനവസാനം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇതിലേക്ക് കടന്നു വന്നത് അവന്റെ പുണ്യം കൊണ്ട് പക്ഷെ അതിനവസാനം കാണാൻ പറ്റുന്നില്ല സംസാരഗതി ആ സംസാരഗതി തുടർന്നുകൊണ്ടേ തസ്മാത് അതുകൊണ്ട് ഏവം ഗുണദോഷോ വിജാനന്ദ നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ഗുണദോഷമാണ് പക്ഷികാരൻ ഇപ്പോൾ പറയാണ് ഇങ്ങനെ ഗുണദോഷത്തെ കുറിച്ച് ചിന്തിക്കണം ആധ്യാത്മികമായ മാർഗത്ത് സഞ്ചരിക്കുന്നതും ചിന്തിക്കണം ആ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തു ഗുണദോഷവും വിജാനന്ദ വിവേചിച്ചറിയും എങ്ങനെ ഈ മാർഗത്തിന് വരുമ്പോ അവിടെ സംഭവിക്കുന്ന പതനം അതുകൊണ്ട് വരുന്ന അനന്തമായ നഷ്ടം അങ്ങനെ സംഭവിക്കാതിരുന്നാൽ വരുന്ന ഗുണം ആത്മലാഭം സംസാര നിവൃത്തി ഇതെല്ലാം വിവേചിക്കുന്നവനായ ബ്രാഹ്മണൻ അത് വിവേചിക്കുന്നവൻ തന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു അത് ബ്രാഹ്മണനെ അത് വിവേചിക്കാൻ കഴിയും മറ്റാർക്കത് വിവേചിക്കാൻ കഴിയും കഴിയുന്നു തപസ്വ സ്വാധ്യായമുള്ളവനാണ് ബ്രാഹ്മണൻ അവന് മാത്രമേ അത് വിവേചിക്കാൻ കഴിയൂ അവനു ബ്രാഹ്മണത്വം ഒരിക്കലും അവൻ ഈ വിവേകം തരത്തില്ല അവനിൽ ആധ്യാത്മിക ജിജ്ഞാസ ഉണരുന്നത് ഈ ബ്രാഹ്മണത്വമുള്ളതുകൊണ്ടാണ് ഉണർന്നവൻ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു പക്ഷെ അവന് ഏത് സമയവും ചണ്ടാളത്തും കിടന്നു അത് വരുമ്പോൾ അവൻ പതിക്കുന്നു അതൊന്ന് സ്ഥായിയായി നിൽക്കത്തില്ലായിരുന്നില്ല പുണ്യവാന്മാരോട് കൂടി സ്ഥായിയായി നിൽക്കത്തില്ല കാരണം അവന്റെ പൂർവ്വ ജന്മങ്ങളുടെ പാവവും അവനോടൊപ്പം ഉണ്ട് പുണ്യം മാത്രമല്ല പുണ്യം കൊണ്ട് അവനുള്ള ബ്രാഹ്മണത്വം വരും അതിന് മുന്നോട്ട് പോകുമ്പോഴാണ് അവനെന്നിരിക്കുന്ന പാവങ്ങൾ തലവെക്കുന്നത് അപ്പം ചെണ്ടാളത്തുണ്ട് ആ ചെണ്ടാളത്വം കൊണ്ട് അവൻ പതിക്കും അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ആ ബ്രാഹ്മണനായി തന്നെ തുടരണം അതിന് ഗുണദോഷ ചെയ്യണം പറയാറുണ്ടല്ലോ വിഷയേഷു ദോഷദൃി വിഷയങ്ങളിലുള്ള ദോഷദഷ്ടി അത് വേണം ഭൂതേഷു ഭൂതൂത സ്ഥാപരേഷു ചരേഷം ആത്മതത്വം ബ്രഹ്മവിചിത്യ വിജ്ഞായ ഭൂതേഷു ഭൂത വിചിത്യ സർവഭൂതങ്ങളിലും അതിനാണ് ആകർഷിച്ചിരിക്കുന്നത് സ്ഥാപരേഷു ചരേഷുതം ആത്മതത്വം ബ്രഹ്മവിചിത്യ വിജ്ഞാന സാക്ഷാത്കൃത്യ ബ്രാഹ്മണൻ എന്തേ വിവേകി ചരാചരങ്ങളിലും ആത്മതത്വത്തെ അവൻ സദാ സാക്ഷാത്കരിക്കുന്നു തത്വത്തെ ശ്രവിക്കുക മാത്രമല്ല തത്വത്തെ ശ്രവിച്ച് ഈ മാർഗത്തിൽ വരുന്ന പതനത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് വിവേകിയായ ബ്രാഹ്മണൻ സർവത്ര ആത്മദർശിയായി അത് സർവത്ര ആത്മദർശിയായി എന്ന് പറയുന്നത് അവന്റെ മാർഗത്തിൽ അവൻ മോഹത്തെ കാണും അവനെ മോഹിപ്പിക്കുന്ന പലതിനേയും കാണും മോഹിപ്പിക്കുന്ന പലതിനും അവന്റെ ശ്രദ്ധ പോകുന്നു സമ്പത്തിനും മറ്റുമൊക്കെ എന്തുകൊണ്ടങ്ങനെ പോകുന്നു അവൻ ആത്മദർശനത്തെ ശീലിക്കുന്നില്ല അനാത്മദർശനമാണ് കാമത്തെയും മോഹത്തെയും എല്ലാം അവൻ സാക്ഷാത്കരിക്കുന്നു അനാത്മദർശനം അപ്പൊ ഈ വ്യവഹാരത്തിൽ തന്നെ അവൻ ആത്മാവിനെ ദർശിക്കുന്നു അനാത്മാവിനെ ദർശിക്കുന്നില്ല രണ്ടും അവന്റെ മുമ്പിലുണ്ട് ആത്മാവുമുണ്ട് അനാത്മാവുമുണ്ട് അവൻ അനാത്മദർശിയായാലും അവൻ്റെ മനസ്സ് കാമലോപാദികളെ കൊണ്ട് നിറയും കാരണം അതും കൂടെ ദർശിക്കാനുണ്ട് ധാരാളം അവന്റെ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്നത് അതൊക്കെയായി അത് ഭൂദേശം ഭൂദേശം എന്ന് പറയുന്ന എന്താണ് സർവത്ര എന്ന് പറഞ്ഞാൽ അവൻ്റെ സർവവ്യവഹാരത്തിലും നടത്തി അവന്റെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ള അവന്റെ ഓരോ വികാര അവന്റെ സർവകർമ്മങ്ങളിലും അവന് എന്തും ദർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഒന്നുകിൽ ആത്മാവിനെ ദർശിക്കുക അല്ലെങ്കിൽ അനാത്മാവിനെ ദർശിക്കുക ഇവിടെ വിവേകിയായ ഗുണദോഷ ചെയ്യുന്ന ബ്രാഹ്മണൻ ഈ അനാത്മദർശനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൻ ആത്മദർശനത്തെ സ്വീകരിക്കുന്നു അവന്റെ മനസ്സിൽ ലോഭത്തെ ഉണ്ടാകണമെങ്കിൽ ലോഭനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അനാത്മദർശനം കൊണ്ടേ പറ്റും സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ അവന് ലോകത്തെ ഉണ്ടാക്കുന്നു അതെല്ലാം ആർജിക്കണം സംരക്ഷിക്കണം വിനിയോഗിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നു ഇതാണ് അവൻ ആത്മദർശനം അവൻ ആത്മദർശനമാണ് ശീലിക്കുന്നതെങ്കിൽ അവനെങ്ങനെ അന്യമായ സമ്പത്തോ മറ്റെന്തെങ്കിലും കാണാൻ കഴിയും അതിന്റെ ആർജനവും സംരക്ഷണവും വിനിയോഗവും ആണോ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായെന്ന് അവനങ്ങനെ ധരിക്കാൻ പറ്റും അതവന് ധരിക്കാൻ കഴിയത്തില്ല വാസുദേവ സർവമിതി സർവവും വാസുദേവമയമായി തന്നെ അവൻ കാണാത്ത വേറെ ഇതിനൊരു ഉപായമുണ്ട് വേറെ എന്തെങ്കിലും അഭ്യാസങ്ങൾ ഉണ്ടെന്ന് ഇത് സാധ്യമില്ല ഏതഭ്യാസത്തെയും അതിജീവിക്കുന്നതിന് ശേഷിയുള്ളതാണ് ഈ മായാമോഹം എന്ന് പറയുന്നത് കുറച്ചു സമയം കണ്ണടച്ചിരുന്നെന്നോ കാല് മേൽപ്പോട്ടാക്കി നിന്നെന്നോ ശ്വാസം വിടാതെ പിടിച്ചു വെച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ പഴയ പൊസിഷനിലേക്ക് തന്നെ വരേണ്ടി വരും എത്ര നേരം കാല് മേലോട്ട് നിൽക്കും ശ്വാസം എത്ര സമയം പിടിച്ചു വീണ്ടും പഴയതുപോലെ തന്നെ വരും വരുമ്പോൾ വീണ്ടും ഈ മായാമോഹങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ വരും വീണ്ടും ഇത് തന്നെ ഭ്രമിപ്പിക്കും ഉള്ളിൽ പറയുന്നത് എന്താണോ ഭൂതേഷു സർവത്ര സദാ ആത്മദർശനം മോഹമായി കാണാതിരിക്കുക ലോകത്തെ ലോഹമായി കാണാതിരിക്കുക കാമത്തെ കാമമായി കാണാതിരിക്കുക വാസുദേവ സർവമിതി ആത്മദർശനം അതിശീലിക്കുക ആണ് സ്ഥാപരേഷു ചരേഷു എന്താണ് ഈ ലോഹത്തെ ഉണ്ടാക്കുന്നത് ഈ അനാഥ തന്റെ ചുറ്റും കാണുന്ന അനാഥ വസ്തുക്കളാണല്ലോ ലോഹത്തെ ഉണ്ടാക്കുന്നത് പലതിന്റെ പേരിൽ സമ്പത്തിന്റെയോ മറ്റെന്തിൻറെ ഒക്കെ പേര് അതാണ് മോഹത്തെ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും അതായി കാണാതിരിക്കുക അതാണ് പറഞ്ഞത് എന്താണ് ചരങ്ങളും അചരങ്ങളും സ്ഥാപനങ്ങളും ചരങ്ങളിലും ഏതും ആത്മതത്വം ബ്രഹ്മ വിചിത്യ വിജ്ഞായ അത് കാണുന്ന ശീലിക്കുക ഒന്നിലും മറ്റൊന്നും കാണാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ ശീലിച്ച് വിജ്ഞായ അതിനെ ധ്യാനിച്ച് സാക്ഷാത്കൃത്യ അതിനെ സാക്ഷാത്കരിച്ച് ധീരാഹീരൻ ധീരൻ എന്ന് നമ്മൾ പറയുന്ന അർത്ഥപ്പെടുത്താൻ കുഴപ്പമൊന്നും ധൈര്യമുള്ളവനെന്ന് വെച്ചിരുന്നവർ ഈ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാത്തവനായി ഇതിൽ കുരുങ്ങി പോകാത്തവനായി ഇതിൽ വലഞ്ഞു പോകാത്തവനായി ഇതിൽ ഭ്രാന്തി പിടിച്ച് വലഞ്ഞു പോകാത്തവനായി ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു മനസ്സിൽ ഈശ്വര വിചാരമുണ്ട് രക്ഷപ്പെടണമെന്നാഗ്രഹമുണ്ട് അങ്ങനെ ഉള്ളവൻ പോലും അവന്റെ വ്യവഹാരത്തിൽ അവൻ ഭ്രാന്തി പിടിച്ചതിൽ അവൻ ഇതിന് മുഴുകിയിരിക്കുകയാണ് അവൻ ഇതിൽ നിന്നും മുക്തനാകുന്ന സമയത്താണ് അവന്റെ മനസ്സിൽ ഈശ്വര അവന്റെ മനസ്സ് വ്യവഹാരമുക്തമാകുമ്പോൾ അവൻ ചിന്തിക്കും ദൈവത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് എല്ലാം ചിന്തിക്കും ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ ഇതിന് ഒഴുകിയിരിക്കും അത് രക്ഷപ്പെടാൻ സഹായിക്കത്തില്ല അതെന്ന് പറയുന്നു ഏകം ആത്മതത്വം ബ്രഹ്മവിചിത്യ വിജ്ഞായ സാക്ഷാത്കൃത്യ ധീരാ ധീമന്ത വേഗം കൊണ്ടുള്ള ധൈര്യം അതാണ് ഇവിടുത്തെ ധൈര്യം എന്ന് പറയുന്നത് ആത്മാനാത്മവിവേകം കൊണ്ടുള്ള ധേയം ആത്മാനാത്മവിവേകം എന്ന് പറയുമ്പോൾ സർവത്രാത്മദർശനം അവൻ അനാത്മാവായി ഒന്നിനെയും കാണും സർവത്തെയും ഈശ്വരനായി കാണുന്നവൻ അവനെന്താ പ്രലോഭിപ്പിക്കുന്നത് ഈശ്വരനല്ലേ പ്രലോഭിപ്പിക്കുന്നു ഈശ്വരനൊരു പ്രലോഭനമായിരിക്കുന്നത് നല്ലതാ അതവനെ ഈശ്വരനേക്കും നെയ്യും വിഷയങ്ങൾ അവനെ പ്രലോഭിപ്പിക്കുമ്പോൾ അത് വിഷയങ്ങളിലേക്ക് നയിക്കും അങ്ങനെ അവൻ വിവേകിയായി പറയുന്നതിന്റെ താത്പര്യം പതനത്തെ അത് ഏത് സമയവും എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഒന്നാണ് അതിനെ ഒഴിവാക്കി എന്നിട്ടെങ്കിലും പേര് എന്തെങ്കിലും ഒരു പ്രലോഭനത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ലൗകികരായ മനുഷ്യരോട് പറയേണ്ട കാര്യമുണ്ട് ഇതൊക്കെ അവരാണ് പ്രലോഭനത്തിന് മുഴുകി കഴിയുന്നത് ഞങ്ങൾ ആശ്രമത്തിന്റെ ഉള്ളിൽ ദിവ്യന്മാരായി കഴിയുന്നവരല്ലേ ഞങ്ങളോട് ഇതൊക്കെ എന്തിനാ പറയുന്നത് പറഞ്ഞു പറഞ്ഞു വരുന്ന കേട്ടാൾക്കൊന്ന് ഞങ്ങളും മഹാമോശക്കാരാണ് ഇതൊക്കെ ലൗകികന്മാരോട് പറയേണ്ട കാര്യമാണ് എന്നോട് ചിലത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ പറയുന്നത് കേട്ടാ ഞങ്ങൾ കൊള്ളരുതാത്തവരാണെന്ന് തോന്നു അല്ലോ അതുകൊണ്ട് ഇതൊക്കെ പറയേണ്ടതടുത്ത് പറയണം എന്നും ചിലത് പറഞ്ഞിട്ടുണ്ട് ഒരുപേരാണ് ചോദിച്ചത് പറയുന്ന കേട്ടാൽ ഞങ്ങളെന്തോ മഹാപാപം ചെയ്തവരാണ് ആശ്രമത്തിൽ വന്നു ഇവിടെ അടങ്ങി മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്തോ വലിയ പാപം ചെയ്തവരെ പോലെയാണല്ലോ എന്നും ചോദിച്ചിട്ടുണ്ട് എന്താശ്രമ ജീവിതം അത്ര മോശമാണ് ഒത്തിരിയൊക്കെ താഴ്ത്തി പറയാം എന്നും ചോദിച്ചിട്ടുണ്ട് സംസാരം എവിടെയും സമാനമാണ് ആശ്രമമെന്നോ വീടെന്നോ ഹിമാലയമൊന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല ഒരേ രൂപത്തിൽ തന്നെ സംസാരം എവിടെ ആയാലും പതിക്കുന്നതിനുള്ള അവസരവും രക്ഷപ്പെടുന്നതിനുള്ള അവസരവും എല്ലായിടത്തും ഒരുപോലെയാണ് അതവനവൻ സ്വന്തം അന്തരംഗത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ സംസാര രോഗത്തിന് ഒരിടത്തും ശമനം സംഭവിക്കുന്നില്ല എവിടെയായാലും ഈ സംസാരവൃക്ഷം തഴച്ചു വളരുക അതുകൊണ്ട് എവിടെയാണ് ഇത് ചിന്തിക്കുന്നത് എവിടെയാണ് ഈ ഒരു മാർഗമേ ഉള്ളൂ അതാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ധീരാഹിമന്ത അവന് വിവേകിയായി പ്രീത്യ വ്യാപൃത്യ മമ അഹംഭാവലക്ഷണാത് അവിദ്യാരൂപാത് അസ്മാത് ലോകാത് പുരമ്യ അങ്ങനെ മരണം സംഭവിക്കുന്നു എന്തിൽ നിന്നുള്ള മരണം ശരീരം കൊണ്ടുള്ള മരണമല്ല പറഞ്ഞല്ലോ ശരീരത്തിന്റെ മരണം ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ലാഭനഷ്ടങ്ങളൊന്നും ഇല്ലാതെ അത് അനേക ജീവന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കാര്യമില്ല അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു മമഹംഭാവലക്ഷണത് അവിദ്യാരൂപ അഹന്തയും മമതയും ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത് അന്തിയും മമതയും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് വില കുറച്ച് കളഞ്ഞ സാധനങ്ങളാവും അതൊന്നും കേട്ടാൽ നമുക്ക് ഏശത്തില്ല എന്തോന്ന് അഹന്ത എന്തോ മമത സൂക്ഷ്മമായി ജീവനെ ബന്ധിച്ചിരിക്കുന്നു അത്രയും ഗൗരവമുള്ള സാധനമാണെങ്കിലും അതിൻ്റെ ചില പരിചയം കൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചത് തീരെ ലഘുവായി അത് അഗണ്യമായി അത് ഒഴിവാക്കേണ്ട ഒരു സാധനം എന്നുള്ള വിചാരം പോലും മനസ്സിൽ നിന്ന് പോയി കാരണം അതിനോട് അത്രയും താതമ്യപ്പെട്ടുപോയി പക്ഷെ അതാണ് ആദ്യവും അവസാനവും അവനെ ബന്ധിക്കുന്നത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അഹന്ത മമത അവദ്യാരൂപ ദസ്മാത് ഇതാണ് ഈ സംസാരം അല്ലെങ്കിൽ ശരീരമോ ചുറ്റുപാടും കാണുന്നതോ അല്ല ഈ ജീവന് ഇതിനോടെല്ലാം ബന്ധിപ്പിക്കുന്നു അതെന്താണ് അഹന്തിയും മമതയും ആണ് അതിൽ നിന്നും ഉപ്പരമ്യ അതിൽ നിന്നും അവൻ സ്വതന്ത്രനായി അതിന് പറഞ്ഞല്ലോ അതിന് സർവത്ര ആത്മദർശനം പക്ഷികാരം നിർദ്ദേശിക്കുന്ന ഒരു പ്രായം അതിനുള്ള വിവേകം ആത്മദർശനത്തിന്റെ സാക്ഷാത്കാരം അതെല്ലാം കൊണ്ട് ഈ ശരീരം ഉൾപ്പെടെയുള്ള ലോകത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായി സർവാത്മീകത്വഭാവം അദ്വൈതം ആപന്നാഹ അദ്വൈതമെന്ന് ഭയക്കേണ്ട കാര്യമില്ല അത് ആർക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സർവാത്മീകത്വഭാവം സർവാത്മീകത്വം െല്ലാവരും സ്വീകരിക്കുന്നതാണ് ഈ അദ്വൈതമെന്ന് പറയുന്നത് ദ്വൈതിയും വിശിഷ്ടാദ്വൈതിയും എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണ് സർവാത്മ ഏകത്വം അവരെങ്ങനെ സ്വീകരിക്കുന്നു ഈശ്വരൻ ഏകനാണ് അവൻ സർവവ്യാപിയാണ് സർവാത്മ ഏകത്വമായി ആ തരത്തിൽ സ്വീകരിച്ചാലും മതി താനും ഈശ്വരൻ ഒന്നാണ് എന്ന് ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഏകനും സർവവ്യാപിയു ആ തരത്തിലെങ്ങനെ സ്വീകരിച്ചാണ് അദ്വൈതമാപ്പന്നാഹ സന്ത അങ്ങനെ ആയിത്തേർന്നു ആത്മനിഷ്ഠനായിരുന്നു ഭാഷകാരൻ ആവർത്തിച്ച് ആവിടിച്ച് ശ്രവണം മനനം നിതിധ്യാസനം ആത്മനിഷ്ഠ എന്നിട്ടവിടെ പറയാൽ സന്യാസം ആത്മനിഷ്ഠയിലുള്ള സന്യാസം എന്ന് പറയുന്നത് എന്താണ് ഇതാണ് ഈ അഹം മമ ഭാവത്തെ രചിക്കുക അതാണ് സന്യാസം അതിനുള്ള ഉപായമായിട്ടാണ് ബാക്കിയുള്ള സന്യാസമൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് വസ്ത്രം മാറുന്നതും വീട് ഉപേക്ഷിക്കുന്നതും ഗൃഹത്തെ ത്യജിക്കുന്നതുമൊക്കെ അതിനുള്ള ഉപായമായിട്ട് ഇവിടെ അവിദ്യാരൂപത്തിലുള്ള അഹമ്മമ ഭാവത്തെ ത്യജിച്ച് അങ്ങനെ അമൃതാഹഭവന്തി അതാണ് അമൃതത്വം പ്രാപ്തി അതാണിവിടെ ഈ ഉപദേശത്തിനെല്ലാം ഒടുവിലായി ശ്രുതി ബോധിപ്പിക്കുന്നത് അത്തരമൊരു അമൃതത്വത്തെക്കുറിച്ചാണ് സയോഹവൈ തത് പരമം ബ്രഹ്മവേദ അവൻ കാമക്രോധങ്ങളിൽ നിന്നെല്ലാം മോചിതരാകുന്നു അഹന്ത മമത ഇതിൽ നിന്നെല്ലാം മോചിതനാകുന്നു സർവ അനാത്മവസ്തുക്കളിൽ നിന്നും അവൻ മോചിതനാകുന്നു അവനെ സംബന്ധിച്ച് പിന്നീട് പതനം സംഭവിക്കുന്നില്ല ശരി പറയുന്നത് എന്താണോ ബ്രഹ്മവേദ പറഞ്ഞല്ലോ പ്രതിബോധവിരുദ്ധമായിരിക്കുന്ന ഈ തത്വത്തെ ധരിക്കുന്നവൻ ബ്രഹ്മീവഭൂതി അവൻ അതായി തന്നെ തീർന്നു അവന് പിന്നെ അനാത്മാവാൻ കഴിയുന്നുണ്ട് അവന് പിന്നെ മായയോ മോഹങ്ങളോ ഭ്രമങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല അതാണ് അമൃതാഭവന്തി എന്നുള്ളതിന്റെ താത്പര്യം ഇജിശ്രുദേഹി കരിശ്രുതി വ്യക്തമാക്കിയിട്ടുണ്ട് अथ सत्यमस्ती न चेदी महतीसु विजिंरास्कात अमृता